ഹജ്ജ് തീർത്ഥാടകർക്ക് വെള്ളം നൽകുന്നതും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്നതും അള്ളാഹുസുബഹാനഹുവ ചായാലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുസുബഹാനഹുവ ചായാലയുടെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുകയും ചെയ്ത ഒരാളെപ്പോലെയാണോ നിങ്ങൾ കണക്കാക്കിയത് അള്ളാഹുസുബഹാനഹുവ ചായാലയുടെ അടുക്കൽ അവർ തുല്യരല്ല അക്രമികളായ ജനങ്ങളെ അള്ളാഹു സുബഹാനഹുവ ചായാല സന്മാർഗത്തിലാക്കുകയില്ല